നഗരത്തിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും ശത്രുക്കൾ പ്രവേശിക്കുകയും പിന്നീട് അവർ വിശ്വാസത്യാഗത്തിന് പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ അവർ അതിന് തയ്യാറാകുമായിരുന്നു അതിൽ അവർ അൽപ്പം പോലും മടിച്ചു നിൽക്കുമായിരുന്നില്ല